മുക്തപുരുഷനായിരിക്കേണ്ടതാണ് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നതുകൊണ്ട് മുക്തിയാവുമെങ്കിൽ അല്ല കുളിക്കണത് മൂന്ന് നാല് പ്രാവശ്യം കുളിക്കണത് കൊണ്ട് മുക്തിയാവുമെങ്കിൽ വെള്ളത്തിലേക്ക് കിടക്കുന്ന മീനുകൾ എന്നോ എന്നിട്ട് ഗംഗയെ പോലും എടുത്തു പറഞ്ഞു ഭഗവാനോട് ഗംഗയെ പോലും എടുത്തു പറഞ്ഞു ഗംഗാസ്നാനം കൊണ്ട് മുക്തിയാവുമെങ്കിൽ ഗംഗയിലിരിക്കുന്ന മണ്ടൂകങ്ങളൊക്കെ എന്നോ ജ്ഞാനികളാവേണ്ടതാണ് നോക്കണം വളരെ ശക്തമായിട്ട് താൻ പറഞ്ഞു ഒക്കെ പറഞ്ഞു വെച്ചിട്ട് അവസാനം പറഞ്ഞു ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ്യം കാണിക്കാൻ വേണ്ടി നമ്മളെ പതുക്കെ സത്യത്തിലേക്ക് നയിക്കാനാണ് മറ്റുള്ളതൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം പറഞ്ഞു ഇലകളൊക്കെ തിന്നുകൊണ്ട് മാത്രം എളുപ്പം മുക്തിയാവുമെങ്കിൽ ആടുകളൊക്കെ മുക്തന്മാരാവേണ്ടതാണ് പാല് മാത്രം കുടിച്ചിരുന്നാൽ മുക്തിയാവുമെങ്കിൽ പശുക്കുട്ടിയേക്കാളും വലിയ ജ്ഞാനി ആരും ഇങ്ങനെ ചോദിച്ച് ഭഗവാൻ അവസാനം പറയണതാണ് ജ്ഞാനാദേവതു കൈവല്യം കർമ്മ കോട്ടിശതയിരപ്പി ജ്ഞാനം കൊണ്ട് മാത്രമേ ഒരു ജീവന് കൈവല്യം ഉണ്ടാവുള്ളൂ എത്ര കർമ്മം ചെയ്താലും കർമ്മമൊക്കെ നിഷ്കാമ്യമായിട്ട് ചെയ്താൽ ചിത്തശുദ്ധി ഉണ്ടാക്കും ചിത്തശുദ്ധി ഉണ്ടാക്കി അത് ദ്വാരാ ജ്ഞാനത്തിലേക്ക് വഴി തെളിച്ചുവിടും അപ്പൊ കർമ്മത്തിനെ കർമ്മമായിട്ട് ചെയ്താൽ ബന്ധം കർമ്മത്തിനെ ജ്ഞാനത്തോടുകൂടെയാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ കർമ്മം മുക്തിക്ക് കാരണമാവും അപ്പൊ ജ്ഞാനം ഇല്ലാതെ പറ്റുകയേ ഇല്ല എന്തായാലും ശരി ജ്ഞാനമില്ലാതെ പറ്റില്ല അപ്പൊ ജ്ഞാനം അതിന്റെ കൂടെ ചേർത്തിക്കൊള്ളം അതാണ് ജ്ഞാനം ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വാസനകളെ ഇല്ലാതാക്കുന്നു വിറക് വിറകിനെ അഗ്നി കത്തിക്കുന്ന പോലെ ജ്ഞാനത്തിനേക്കാളും പരിശുദ്ധമായിട്ട് വേറെ ഒന്നുമില്ല ഭഗവാൻ അതാണ് അജ്ഞാനം മലിനവാസനകളൊക്കെ ഉള്ളു നീങ്ങണമെങ്കിൽ വേറെ മാർഗങ്ങളൊക്കെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് ശുദ്ധമായ ഈ തത്വശ്രവണം ചെയ്താൽ അത് ജീവനെ പെട്ടെന്ന് ശുദ്ധമാക്കുന്നു അതാണ് അടുത്ത ശ്ലോകം മുപ്പത്തി എട്ട് നോക്കേന സദൃശം പവിത്രമിഹ വിദ്യത്തെ തത് സ്വയം യോഗ ൂടെ നദൃശം പവിത്രമ വിയം യോഗ സംസിദ്ധേത്മനിത്തിനെ കാളു ജ്ഞാനത്തിന് സദൃശമായിട്ട് തുല്യമായിട്ട് പവിത്രകരമായിട്ട് പരിശുദ്ധീകരിക്കുന്നത് വേറെ ഒന്നുമില്ല എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് ഉപദേശിക്കുമ്പോൾ ഏകാദശത്തിൽ പറഞ്ഞു ഹോമം ജപം മുതലായിട്ടുള്ള പലേ കർമ്മേഹനാമുത്ര വിനാശസ്ത വിദ്യത്തെ നി കല്യാണകൃത് കശിത് ഹേ പാഥത്ര വിനാശ് ജീവിക്കുമ്പോ വഴിപഴച്ചു പോയ ആളാണെങ്കിൽ പോലും അയാൾക്ക് നാശമില്ല ജീവിച്ച് അധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിച്ച് പൂർണമായി സാക്ഷാത്കാരമോ അനുഭവമോ നേടുന്നതിന് മുമ്പ് മരിച്ചുപോയവനാണെങ്കിലും പേടിക്കാനില്ല അയാൾക്ക് ഈ ലോകത്തിലോ പരലോകത്തിലോ അയാൾക്ക് വിനാശം ഇല്ല കാരണം എന്താ ഇത് ഭഗവാന്റെ ഒരു പ്രോമിസാണ് സത്യമാണ് നഹി കല്യാണ കൃത് കശി ദുർഗതി കല്യാണം ചെയ്തിട്ടുള്ളവൻ ദുർഗതിയെ പ്രാപിക്കില്ല കല്യാണം കഴിക്കണം കല്യാണം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം ഇത് ഈ മാർഗം കല്യാണ മാർഗമാണെന്ന് കല്യാണം എന്ന് വച്ചാൽ പരമശുഭമായിട്ടുള്ള ഈ മാർഗം അധ്യാത്മ മാർഗം ഇവിടെ അല്ലാതെ വിവാഹം എന്നുള്ളതിനെ സംസ്കൃതത്തിൽ കല്യാണം എന്ന അർത്ഥമില്ല കല്യാണം എന്നുവെച്ചാൽ മംഗളം ശുഭം അപ്പൊ ആത്മവിചാരത്തിന്റെ ജ്ഞാനത്തിന്റെ ഭക്തിയുടെ ഈ മാർഗമുണ്ടല്ലോ ആ മാർഗത്തിൽ അല്പം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഒരു ദിവസം നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസം ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഒരു ദിവസം ഭഗവത് വിഷയത്തിൽ എന്തെങ്കിലും രമിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദുർഗതി ഉണ്ടാവില്ല എല്ലാരെയും വേണം എന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ കരകയറ്റി വിടാനായിട്ട് ഭഗവാൻ തയ്യാറായിട്ട് നിൽക്കുന്നു നഹി കല്യാണ കൃത് കശിത്ത് ദുർഗതി ഗച്ഛതി നല്ലത് ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല പിന്നെ അയാൾക്ക് എന്ത് സംഭവിക്കും അയാൾക്ക് എന്തുണ്ടാവും മനുഷ്യനായി ജനിച്ച് ഭഗവത് ഭജനം ചെയ്ത് ഭഗവത് പ്രാപ്തിക്കായി ശ്രമിച്ച് ഭഗവാനെ പ്രാപിക്കണം അതാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം അതിനാണ് കല്യാണം എന്ന് ഭഗവാൻ പറഞ്ഞത് അതിനുവേണ്ടി ശ്രമിക്കുന്നവൻ കല്യാണകൃത്ത് അവൻ എങ്ങനെയുള്ളവനാണെങ്കിലും വേണ്ടില്ല എല്ലാവർക്കും അവൻ ഭഗവത് പ്രാപ്തി നേടി മറ്റുള്ളവർക്ക് ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗവും കാണിച്ചു കൊടുക്കുക ഇതാണ് ഏറ്റവും മംഗളമായിട്ടുള്ളത് ഒരിക്കൽ യമലോകത്തില് ഒരു ആന മരിച്ചിട്ട് യമന്റെ മുമ്പിൽ ചെന്നു യമൻ ആ ആനയെ കുറെ ചീത്ത പറഞ്ഞു അത്ര ഞാൻ ആദ്യ എലിയായിട്ട് സൃഷ്ടിച്ചു അപ്പോ നിന്നെ ഒരു മനുഷ്യൻ കൂടുവെച്ച് പിടിച്ചു പിന്നീട് പോട്ടേന്ന് വന്ന് തന്നെ ഞാൻ ഒരു പൂച്ചയായിട്ട് സൃഷ്ടിച്ചു അപ്പോഴും നീ ഒരു മനുഷ്യനെ അടിമയായിട്ട് തീർന്നു പിന്നെ ഒരു സൃഷ്ടിച്ചു നീ മനുഷ്യന്റെ എച്ചിൽ തിന്നു ജീവിച്ചു എങ്ങനെങ്കിലും മനുഷ്യനെക്കാളും ബലവാനായിട്ടുള്ള മൃഗമായിട്ട് സൃഷ്ടിക്കണം എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ആനയായിട്ട് സൃഷ്ടിച്ചു ആനയായിട്ട് സൃഷ്ടിച്ചിട്ട് താൻ അപ്പോഴും മനുഷ്യൻ അടിമയായിട്ട് തീർന്നു എന്തു പ്രയോജനം തന്നെ ആനയായിട്ട് സൃഷ്ടിച്ചിട്ട് അപ്പൊ ആ ആന യമനോട് പറഞ്ഞു എത്ര നിങ്ങളെ ഒരു മനുഷ്യനെ ശരിക്ക് കണ്ടിട്ടില്ല അതുകൊണ്ടാ ഇങ്ങനെ പറയണത് മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ് ഇങ്ങനെ പറയില്ല യമൻ പറഞ്ഞോട്ടോ എത്ര മനുഷ്യന്മാരാണ് എന്റെ ലോകത്തിലേക്ക് വരണേ അത് മരിച്ചിട്ടല്ലേ വരണത് ജീവനോടെ ഒന്നിനെ പിടിച്ചോണ്ട് വന്ന് നോക്കൂ അപ്പറിയാം ഈ മരിച്ചിട്ടുള്ളതിനോട് വല്യ ബലം കാണിച്ചിട്ട് കാര്യമില്ല ജീവനോടെ ഒന്നിനെ പിടിച്ചോണ്ടുവന്ന് നോക്കൂ അപ്പറിയാം മനുഷ്യൻ എന്തു ശക്തിയാളുള്ളത് യമൻ വാശിക്ക് വേണ്ടി എന്നാ ഒന്നിനെ കൊണ്ടുവരിക എന്നെ യമദൂതന്മാരോട് പറഞ്ഞു ഭൂമിയിൽ ചെന്നിട്ട് ജീവനോടെ ഉള്ള ഒന്നിനെ പിടിച്ചുകൊണ്ട് വരാം ഒരു മനുഷ്യന് യമദൂതന്മാര് ഭൂമിയിലേക്ക് ചെന്നു അന്വേഷിച്ച് നടന്നു അപ്പൊ ഒരു വ്യാപാരി ഒരാള് ഒരു ഭക്തൻ ഒരാള് വീട്ടിനുമർത്ത് കട്ടിലിൽ കിടന്നുറങ്ങണു കട്ടിൽ കിടന്നുറങ്ങണം ആളെ കണ്ടപ്പോ ഇയാള് തന്നെ പറ്റിയ ആള് വന്നിട്ട് കട്ടിൽ കാലോടെ പൊക്കിയത്ര ആകാശത്തേക്ക് കൊണ്ടുപോകാം ഇടയ്ക്ക് ഇങ്ങനെ കാറ്റ് കുറച്ച് ബലമായി അടിച്ചപ്പോ ഉറങ്ങി അയാൾ എണീറ്റു എണീറ്റ് നോക്കിയപ്പോ ചുവട്ടിൽ യമദൂതന്മാരെ പൊക്കിക്കൊണ്ടു കണ്ടു ഇയാൾ ഉടനെ മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് അയാള് വിഷമിച്ചതേയില്ല പാക്കറ്റിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ പെണ് എന്തോ എഴുതിയിട്ട് പാക്കറ്റിൽ ഇട്ടിട്ട് വീണ്ടും കിടന്നു അത്രേ യമലോകത്തിലേക്ക് കൊണ്ടുപോയി യമലോകത്തിൽ കൊണ്ടുപോയി യമ മുമ്പിൽ നിർത്തി നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു യമൻ ഉടനെ അയാൾ പേപ്പർ എടുത്ത് ചിത്രഗുപ്തന്റെ അടുത്ത് കൊടുത്ത് യമനടുത്ത് കൊടുക്കാൻ പറഞ്ഞു ആ പേപ്പർ കണ്ടതും യമധർമ്മൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു എന്താന്ന് വെച്ചാൽ ഈ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ യമലോകത്തിൽ യമന് വൈകുണ്ടത്തിൽ നിന്നും വിഷ്ണു ഭഗവാൻ എഴുതുന്ന കത്ത് ഈ വരുന്ന ആള് എന്റെ ദൂതനാണ് അതുകൊണ്ട് ഇനി മേലാൽ അവന്റെ അടുത്ത് യമപദവിയെ ഏൽപ്പിച്ചിട്ട് അങ്ങ് മാറി നിൽക്കുക ഇന്ന് എഴുതിയിരിക്കും യമൻ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചു നമസ്കരിച്ചു ആളെ പിടിച്ചവിടെ ഇരുത്തി യമന്റെ സ്ഥാനത്ത് ഉടനെ അടുത്ത കോർട്ട് ഇടപാടുകളായി ഒരാളെ കൊണ്ടുവന്ന് നിർത്തി ഇവനെന്താ ചെയ്തത് പത്ത് പേരെ കൊന്നു ഇവനെ വൈകുണ്ഠത്തിലേക്ക് അയക്കുക അതുകഴിഞ്ഞ് വേറെ ഒരാൾ വന്നു ഇവൻ എന്ത് ചെയ്തു കള്ളപ്രമാണങ്ങൾ എഴുതി ഒരുപാട് കാശുണ്ടാക്കി ഇവനെ വൈകുണ്ഠത്തിലേക്ക് അയക്കാം അതുകഴിഞ്ഞ് വേറെ ഒരു ആസാമി വന്നു ഇവൻ എന്തു ചെയ്തു ഇവൻ പറയാൻ കൊള്ളാത്ത അസഭ്യ പ്രവർത്തികൾ ഒരുപാട് ചെയ്തു ഇവനെ വൈകുണ്ഠത്തിലേക്ക് അയക്കാം വൈകുണ്ഠത്തിൽ ഇങ്ങനെ തിരക്ക് ക്യൂ ഇങ്ങനെ വന്നു ഭഗവാൻ വിഷ്ണു അത്ഭുതപ്പെട്ടു പോയി ജയവിജയന്മാരെ വിളിച്ചു നോക്കി എന്താ ഭൂമിയിൽ ഏതെങ്കിലും മഹാത്മാവ് ജനിച്ചിട്ടുണ്ടോ ഒരുപാട് പേർക്ക് ഭക്തി ഉണ്ടായി വൈകുണ്ഠത്തിലേക്ക് വരി വരി വരി വരി വരിയായിട്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കണമല്ലോ എന്തു സംഭവിച്ചു അതാണിപ്പൊ എനിക്കും മനസ്സിലാവാത്തത് എല്ലാ യമലോകത്ത് എന്നാണ് വരണത് അപ്പൊ ഭഗവാൻ വിഷ്ണു തന്നെ ആലോചിച്ചു ഞാൻ തന്നെ ഒന്ന് പോയി അന്വേഷിക്കട്ടെ വിഷ്ണു ഭഗവാൻ തന്നെ വൈകുണ്ഠത്തിൽ വന്നു യമധർമ്മൻ എന്താ ഭഗവാനെ അല്ല എന്താ ഇപ്പൊ ഈ തിരക്ക് ഇത്രയധികം ആളുകൾ ഈ വൈകുണ്ഠത്തിൽ വരാൻ കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ലേ അങ്ങനെ ഒരു പ്രതിഭാസം ഒന്നും പറയണ്ട അങ് അയച്ചില്ലേ അയാള് ഏർപ്പാടാണ് അയാളെ ഞാൻ അവിടെ ഇരുത്തി അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞ വൈകുണ്ഠത്തിലേക്ക് അയക്കണം ഞാൻ അയച്ചോ ഞാൻ ആരെയും അയച്ചില്ലല്ലോ എന്നാ അങ്ങനെയാ പറഞ്ഞത് ഞാൻ ആളെ കാണട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു ഭഗവാൻ അപ്പൊ വിഷ്ണു ഭഗവാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു ആസാമി അവിടെ ഇരിക്കുന്നുണ്ട് ഭഗവാനെ കണ്ടത് എഴുന്നേറ്റ് നമസ്കരിച്ചു ഭഗവാൻ ചോദിച്ചു തന്നെ ആരാടോ ഇങ്ങോട്ട് അയച്ചത് ഭഗവാനെ അങ് തന്നെയാണ് അയച്ചത് ഞാൻ അയച്ചോ പിന്നെ അല്ലാതെ ആരാ ലോകത്തിലേക്കും എല്ലാടത്തേക്കും അയക്കുന്നത് അങ്ങല്ലേ അങ് തന്നെ അയച്ചത് ഭഗവാൻ ഉത്തരം മുട്ടിപ്പോയി അല്ലാന്ന് എങ്ങനെ പറയും എല്ലാരെയും അയക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അങ്ങാണല്ലോ സർവാന്തരിയാമി ാട്ടെ ഇപ്പൊ എന്തിനാ എല്ലാരെയും വൈകുണ്ഠത്തിലേക്ക് അയക്കേണ്ടത് അയക്കണത് എന്തിനാ ഭഗവാനെ നമുക്കൊരവസരം കിട്ടിയാൽ എല്ലാരെയും വൈകുണ്ടത്തിലേക്ക് അയക്കണം അല്ലെങ്കിൽ ആരെങ്കിലും നരകത്തിലേക്ക് അയക്കോ ഒരു ചാൻസ് എനിക്ക് കിട്ടി ഉപയോഗിച്ചു എല്ലാരെയും വൈകുണ്ഠത്തിലേക്ക് അയച്ചു ചാൻസ് കിട്ടിയാൽ നല്ലത് ചെയ്യണോ ചീത്ത ചെയ്യണോ ഒരു ചാൻസ് കിട്ടിയാൽ വൈകുണ്ഠത്തിലേക്ക് അയക്കണോ നരകത്തിലേക്ക് അയക്കണോ അങ്ങ് തന്നെ പറയൂ മഹാത്മാക്കൾ അവർക്ക് ഭക്തി ഉണ്ടായി ജ്ഞാനോ ഉണ്ടായാൽ അത് ഉപദേശിക്കണമോ വേണ്ടയോ അതുപോലെ വൈകുണ്ഠത്തിലേക്ക് ഒരു ചാൻസ് കിട്ടിയാൽ വൈകുണ്ഠത്തിലേക്ക് അല്ലാതെ പിന്നെ എവിടേക്ക് അയക്കും അതുകൊണ്ട് ഞാൻ എല്ലാരെയും വൈകുണ്ഠത്തിലേക്ക് അയച്ചു അപ്പൊ ഭഗവാൻ ഒരു മിനിറ്റ് ആലോചിച്ചു എന്താ ആകപ്പാട കുടുങ്ങിപ്പോയി എന്നിട്ട് ഒന്നും കൂടെ ചേർത്തിയത്ര അയാള് ഭഗവാനെ വൈകുണ്ഠത്ത് നിന്ന് ഇപ്പൊ ഞാൻ അയച്ച ആളുകളെയൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയക്കാണെങ്കിൽ അയച്ചോളൂ പക്ഷെ ഗീതയിലത്തെ ശ്ലോകമൊക്കെ മാറ്റേണ്ടി വരും ഉപനിഷത്തൊക്കെ മാറ്റേണ്ടി വരും വൈകുണ്ഠത്തിൽ പോയാൽ റിട്ടേൺ ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നീ അതൊക്കെ മാറ്റേണ്ടി വരും വൈകുണ്ഠത്തിൽ പോയാൽ തിരിച്ചു പോക്കില്ല എന്ന് എഴുതി അതൊക്കെ മാറ്റണം ഭഗവാൻ കുരുക്കിലായി പോയി എന്നാണ് കുടുക്കില് കുടുങ്ങിപ്പോയി അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് മഹാത്മാക്കളുടെ സാധുക്കളുടെ ലക്ഷണം അവർ ചെയ്യുന്ന മംഗളപ്രവൃത്തി എന്താ എല്ലാരെയും ഭഗവാന്റെ അടുത്തേക്ക് അയയ്ക്കാം ദുഷ്ടനായാലും നല്ലവനായാലും ശരി അവൻ്റെ ദുഷ്ടന്റെ ദുഷ്ടതയ്ക്ക് പുറകിലും ഒരു ഉദ്ദേശമേ ഉള്ളൂ സുഖം കിട്ടണം നല്ലവന്റെ നല്ല പ്രവൃത്തിക്ക് പുറകിലും സുഖം കിട്ടണം ഈ സുഖത്തിന് ഇവൻ പ്രവൃത്തി ചെയ്ത് ചെയ്ത് ചെയ്ത് എപ്പോഴോ ഒരിക്കൽ ഇയാൾക്ക് വിവേകം ഉദിക്കണം വിവേക ഉദിച്ചു കഴിഞ്ഞാൽ ഇയാളെ സാധന ചെയ്തു തുടങ്ങും കുറച്ച് കുറച്ച് യോഗ ചെയ്തു തുടങ്ങും ധ്യാനം ചെയ്തു തുടങ്ങും ജപം ചെയ്തു തുടങ്ങും അതിൽ ചിലപ്പോൾ പൂർണ്ണമാവില്ല കാരണം പണ്ട് ചെയ്ത പല പാപപ്രവർത്തികളും ഇയാൾക്ക് തടസ്സം നിൽക്കാം തടസ്സം നിന്നാൽ പോലും ഇയാൾ അല്പ നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അല്പഅല്പം നന്മകൾ ഉണ്ടെങ്കിലും ആ നന്മകൾ ഇയാൾക്ക് നഷ്ടമായി പോവില്ല അതാണ് ഭഗവാൻ നഹി കല്യാണകൃത് കശി ദുർഗതി കല്യാണകൃത്തായിട്ടുള്ള ഒരുത്തൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല അപ്പോ യോഗസാധനകളൊക്കെ ചെയ്ത് പൂർണമായി സാക്ഷാത്കാരം നേടാതെ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ സ്ഥിതി എന്താണ് അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം പ്രാപ്യ പുണ്യകൃത ഉഷിത്വതീ സമാഹം ശുചീനാം ശ്രീമതാം ഗേഹേം യോഗ ഭ്രഷ്ടോഭിജായ അയാൾക്ക് യോഗ ഭ്രഷ്ടെന്നാണ് പേര് യോഗത്തിൽ നിന്നും വഴുതി വീണവൻ യോഗമാർഗത്തിൽ അല്പം ഭ്രംശം പറ്റിയവൻ ഇടയ്ക്ക് വെച്ച് വലിച്ചുപോയവൻ അയാള് പുണ്യകൃതാം ലോകാൻ പ്രാപ്യ പുണ്യം കൊണ്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ദിവ്യലോകങ്ങളെ പ്രാപിച്ച് അവിടെ കുറച്ചു കാലം പുണ്യമൊക്കെ ക്ഷയിപ്പിക്കാനായിട്ട് ജീവിക്കും സുഖമായിട്ട് ഉഷിത്വ ശാശ്വതി സമാഹ അനേക വർഷങ്ങൾ അവിടെ ജീവിച്ചിട്ട് വീണ്ടും മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിക്കാനായിക്കൊണ്ട് ഭൂമിയിൽ വന്ന് ജനിക്കും എവിടെ ശുചീനാം ശ്രീമതാം ഗേഹെ നല്ല സദാചാരമുള്ള ഭഗവത് ഭജനം ചെയ്യുന്ന നാമസങ്കീർത്തനം ചെയ്യുന്ന ജപം ചെയ്യുന്ന സത്സംഗത്തിൽ രുചിയുള്ള ഐശ്വര്യം ധനസമ്പത്തി ഉള്ള ഒരു വീട്ടിൽ ജനിക്കുന്നു ശ്രീമതാം ഗേഹേ എന്നുള്ളതിന് ധനസമ്പത്തി ഉള്ള വീട് എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉള്ളവരും അപ്പൊ എന്താ ധനസമ്പത്തി ഉണ്ടെങ്കിൽ ഇവന് വിഷമില്ലാതെ യോഗസാധന തുടരാനായിട്ട് ഏതോ ഒരു അർത്ഥത്തില് എടുത്തോള നല്ല കുടുംബത്തിൽ ജനിച്ച് ഈ യോഗഭ്രഷ്ടൻ വീണ്ടും യോഗസാധന ചെയ്തു തുടങ്ങും അപൂർവം എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ വളരെ പക്വയായിട്ട് ഒരാൾ മരിച്ചാൽ അയാൾക്ക് അപൂർവമായൊരു ഭാഗ്യം കിട്ടും യോഗികളുടെ കുലത്തിൽ ചെന്ന് ഒരുമാതിരി സാധനകളൊക്കെ ചെയ്ത് സാധന പൂർണമാവാതെ മരിച്ചു പോകുന്നവർ നല്ല കുലത്തില് നല്ല ഭക്തിയുള്ള കുലത്തില് ജനിക്കും കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ തന്നെ സാധന ചെയ്തു തുടങ്ങും ചിലര് യോഗികളുടെ കുലത്തിൽ ജനിക്കും അതാണ് അടുത്ത ശ്ലോകം അഥവാ യോഗി നമേവുലേമതാ ദുർലതരം ലോകേ ജന്മ യീദൃശം അഥവാ യോഗിനമേ കുലേ ഭവതി ധീമതാം ധീമതാം എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ജ്ഞാനമുള്ള സാക്ഷാത്കാരമുള്ള യോഗികളുടെ പുത്രന്മാരായിട്ട് ജനിക്കും പക്ഷെ ഭഗവാൻ തന്നെ പറഞ്ഞു ഏത് ദുർലഭ ഇത് ദുർലഭമല്ല ദുർലഭ വളരെ അപൂർവമായിട്ടേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ കാരണം എന്താ അധികമായും സാക്ഷാത്കാരം നേടിയ യോഗികൾ പുത്രപൗത്രാദി സമ്പത്തുകളിൽ കുടുങ്ങാത്തത് അങ്ങനെയുള്ള കുടുംബത്തിലൊന്നും വസിക്കാത്തത് കൊണ്ടും അങ്ങനെ ഒരു സംഭവിക്കുകയുള്ളൂ അപൂർവമായി ചില മഹാത്മാക്കൾ അങ്ങനെ ജനിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രത്തില് ഞാനിന്നലെ നാമദേവന്റെ കഥ പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പ് അവരുടെ ഒക്കെ പൂർവാചാര്യനാണ് ജ്ഞാനേശ്വരൻ ജ്ഞാനേശ്വരൻ ജനിക്കാൻ കാരണം ആയിട്ട് ഒരു ഒരു ഭൂമി എന്താ പാഠം ഉഴുതുമറിക്കുന്ന പോലെ ജ്ഞാനേശ്വരന്റെ ജന്മത്തിന് ഒരു പ്രിപ്പറേഷൻ നടന്നു അദ്ദേഹം സാധാരണ ആൾക്ക് ജനിക്കാൻ പാടില്ല സാക്ഷാത് ഭഗവത് സ്വരൂപിയായ ജ്ഞാനേശ്വരൻ ജനിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ജ്ഞാനേശ്വരന്റെ അച്ഛൻ വിഠൽ പന്ത് അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിനെ താല്പര്യമുണ്ടായിരുന്നില്ല സർവവും ഉപേക്ഷിച്ച് സന്യാസിയായി പുറപ്പെട്ടു പോയ ആള് പോകുന്ന വഴിക്ക് ഒരു വീട്ടിന്റെ ഉമർത്ത് കിടന്നുറങ്ങി ഉറങ്ങിയപ്പോ സ്വപ്നത്തില് ഭഗവാൻ പറഞ്ഞു ഈ വീട്ടില് ഒരു പെൺകുട്ടിയുണ്ട് അവരുടെ അച്ഛൻ നാളെ വന്നിട്ട് എന്റെ മകളെ നീ വിവാഹം കഴിക്കണമെന്ന് ചോദിക്കും വിവാഹം കഴിക്കാ നിങ്ങൾക്ക് ദിവ്യമായ പുത്രന്മാര് ജനിക്കും എന്ന് സ്വപ്നം കണ്ടുപത്രയും രാവിലെ എണീറ്റപ്പോ അതേപോലെ ആ വീട്ടിലെ ആ ബ്രാഹ്മണന് സ്വപ്നത്തിൽ ഭഗവത് ആദേശം ഉണ്ടായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ വിവാഹം നടന്നത് വിട്ടൽ പന്തിന് പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങൾ കുട്ടികളൊന്നും ഉണ്ടായില്ല വിട്ടൽപന്ത് ഒരു ദിവസം ഭാര്യയോട് പറയാതെ വീണ്ടും സന്യാസത്തിനായിട്ട് പോയി പോയി കാശിയിൽ ചെന്ന് സന്യാസം എടുത്തു സന്യാസം എടുത്ത് കുറച്ചു ദിവസം സന്യാസിയായിട്ട് ജീവിച്ചു അപ്പോ വിട്ടൽപന്ത് സന്യാസമെടുത്തത് കബീറിന്റെ ഗുരുവായിട്ടുള്ള രാമാനന്ദ സ്വാമിയുടെ അടുത്തു രാമാനന്ദ സ്വാമി കാശിയിൽ നിന്നും രാമേശ്വരത്തിലേക്ക് തീർത്ഥയാത്രയായിട്ട് വന്നു അപ്പൊ മഹാരാഷ്ട്രത്തിൽ ഇവരുടെ ഗ്രാമത്തിലൂടെ വേണം വര ആളന്തി ആ വഴിക്കാണ് അദ്ദേഹം നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ വിട്ടൽപന്ത് ആ വഴിക്ക് വന്നില്ല അദ്ദേഹം ഗുരുവിനോട് തന്റെ കുടുംബത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വിധി ഈ രാമാനന്ദ സ്വാമി ആളന്തിയിൽ വന്നു ഇവരുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിന്റെ ആൽത്തറയിൽ വന്നിരുന്നു വിട്ടൽപന്തിന്റെ ഭാര്യ ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യുക ഭർത്താവിനെ കുറെ ദിവസമായി എവിടെ പോയി എന്ന് അറിയില്ല ആരോ പറഞ്ഞു കാശിയിൽ സന്യാസം എടുത്തിട്ടുണ്ട് ആ ദുഃഖത്തോടുകൂടെ ആൽവൃക്ഷത്തിന് പ്രദക്ഷിണം ചെയ്യാണ് അപ്പൊ ഈ സന്യാസിയെ കണ്ടപ്പോ നമസ്കരിച്ചു രാമാനന്ദ സ്വാമി അദ്ദേഹം പുത്രവതീ ഭവ എന്ന് അനുഗ്രഹിച്ചു ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് അപ്പൊ ഈ അമ്മക്ക് തുടങ്ങി എന്തിനാ കരയാണ് അപ്പൊ അമ്മ പറഞ്ഞു അങ് പുത്രവതി ഭവ എന്ന് ആശീർവദിച്ചു നെറ്റിയിൽ കുങ്കുമവും ഇതുമൊക്കെ കണ്ടിട്ട് തിലകം ആണ് അവർക്ക് മുഖ്യം മഹാരാഷ്ട്രയിലൊക്കെ തിലകം കണ്ടാൽ അറിയാം തിലകവതിയായിട്ട് കണ്ടത് കൊണ്ട് അനുഗ്രഹിച്ചതാണ് പക്ഷെ എന്റെ ഭർത്താവ് എവിടെയാന്ന് തന്നെ അറിയില്ല ആരോ പറയുന്നു അദ്ദേഹം കാശിയില് സന്യാസം എടുത്തു ഏകദേശം ചോദിച്ചു മനസ്സിലാക്കിയപ്പോ വിട്ടൽ പന്താണെന്ന് മനസ്സിലായി രാമാനന്ദ സ്വാമിക്ക് ഉടനെ ആളെ അയച്ച് കാശിയിൽ നിന്ന് അദ്ദേഹത്തിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു ശാസ്ത്രം അനുസരിച്ച് സന്യാസി ഗൃഹസ്ഥനാവുക എന്ന് വെച്ചാൽ അതിനേക്കാളും പ്രായശ്ചിത്തം ശരീരത്തിനെ തീർത്ഥങ്ങളിലോ അഗ്നിയിലോ ഇട്ടു മരിക്കലാണ് പക്ഷേ ഞാൻ വായ കൊണ്ട് പറഞ്ഞു പോയി പുത്രവതി ഭവ അത് സത്യം ചെയ്യണം അപ്പൊ ഗുരുവിന്റെ വാക്കിനു മേലെ വീണ്ടും ഗ്രഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാൻ ആജ്ഞാപിച്ചു സന്യാസിയായിട്ട് പോയ ആള് അദ്ദേഹം ഒരു യോഗിയാണ് സ്വയമേവ യോഗിയായിട്ടുള്ള വിട്ടൽ വീണ്ടും ഗ്രഹസ്ഥാശ്രമത്തിൽ ജീവിച്ചു അതിനുശേഷം ആശ്ചര്യം അദ്ദേഹത്തിന് നാലു കുട്ടികൾ ഉണ്ടായി നിവൃത്തിനാഥ് ജ്ഞാനേശ്വർ സോപാനദേവ് മുക്താബായ് നാലു കുട്ടികൾ ഇതിൽ നിവൃത്തിനാഥിനെ ഒരിക്കൽ കാട്ടിൽ വെച്ച് വഴിതെറ്റി എവിടെയോ ഒരു യോഗിയുടെ അടുത്ത് ചെന്നുപെട്ടു നാഥപ്പന്തില് ആ യോഗി നിവൃത്തിനാഥന് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്ത് തന്റെ അനുജനായ ജ്ഞാനേശ്വരനെ ഉപദേശിക്കാൻ പറഞ്ഞു ആ നാലുപേര് ജ്ഞാനികളായിട്ട് തീർന്നു ഇവർ യോഗികളുടെ കുലത്തില് ജനിച്ചവർ യോഗിനാമേവ കുലേ ഭവതി യോഗികളുടെ കുലത്തില് ജനിച്ചവർ അങ്ങനെ അപൂർവം ചില കഥകളൊക്കെ നമുക്ക് പറയാം യോഗികളുടെ കുലത്തില് ജനിക്കുന്നവർ ഏതദ് ഹി ദുർഭരം ഇങ്ങനെയുള്ള ജന്മം വളരെ ദുർലഭമാണ് അങ്ങനെ ജനിച്ച് കുറച്ചു ദിവസം അവര് ജീവിച്ച് പിന്നീട് എന്തു ചെയ്യും അവർക്ക് പൂർവജന്മത്തിന്റെ സ്മൃതി ഉണ്ടാവും ഭഗവാൻ രമണ മഹർഷി തന്നെ ഉദാഹരണം പതിനാറ് വയസ്സ് വരെ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായില്ല എല്ലാ കുട്ടികളെയും പോലെ കളിക്കും ഫുട്ബോള് കളിക്കും സ്കൂളിലേക്ക് പോകും വരും പെട്ടെന്ന് പതിനാറാമത്തെ വയസ്സിലൊരു മാറ്റം ഉണ്ടായി ആത്മസാക്ഷാത്കാരം ഉണ്ടായി പൂർവ്വജന്മ സ്മൃതി ഉദിച്ചു സ്വരൂപാനുഭവം ഉണ്ടായി ആത്മാനുഭവം ഉണ്ടായി അപ്പോ ഇത് പൂർവജന്മ ബന്ധമാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് തത്ര തുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹിക്കൂ സംസി നന്ദനുരുനന്ദന തോഗികളുടെയോ അല്ല അല്ലെങ്കിൽ നല്ല കുടുംബത്തിലോ ജനിച്ചിട്ടുള്ള ഈ യോഗഭ്രഷ്ടന്മാര് ബുദ്ധി സംയോഗം ലഭതെ ബുദ്ധിയുമായിട്ടുള്ള സംയോഗം ബുദ്ധി എന്ന് വെച്ചാൽ പൂർവജന്മത്തിലുള്ള ജ്ഞാനം ഒരിക്കൽ സമ്പാദിച്ചിട്ടുള്ള ആ വിദ്യയുമായിട്ട് വീണ്ടും ഘടിപ്പിക്കും പൗർവദേഹികം എന്നാണ് പൂർവ്വദേഹത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആള് മാറി വാൽമീകി രത്നാകരനായിരുന്ന ആൾ ഒരു ദിവസം ആള് മാറി അല്ലെ അങ്ങനെ എത്ര എത്ര കഥകൾ പറയാൻ നമുക്ക് യഥതേജ തോ ഭൂയ അവരെ യത്നം ചെയ്യുന്നു വീണ്ടും യത്നം ചെയ്യുന്നു പ്രബലമായിട്ട് യത്നം ചെയ്യുന്നു എന്തിനാ സംസിദ്ധവും കുരുനന്ദന സംസിദ്ധിക്കായിക്കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവാൻ ആയിക്കൊണ്ട് സാക്ഷാത്കാരം ഉണ്ടാവാനായിക്കൊണ്ട് പൂർണാനുഭവം ഉണ്ടാവാനായിക്കൊണ്ട് അവർ യത്നം ചെയ്യുന്നു സാധാരണ ഒരു ശരീരം ജീർണിച്ചാൽ ശരീരം ഉപേക്ഷിക്കും ചില ശരീരം ചെറുപ്പത്തിലെ ജീർണിക്കും ചെറിയ ചില കുട്ടികൾ ജനിച്ച് കുറച്ചു ദിവസം ജീവിച്ച് മരിക്കും അതെന്താ ആ ജന്മത്തിൽ തീർക്കാനുള്ള പ്രാരബ്ദമുള്ളത് കൊണ്ട് അവിടെ സംഭവിച്ചു നമ്മുടെ മഹർഷി ഒരു ചെറിയ കുട്ടിയെ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ഒരു തെലുങ്ക് ഒരു പ്രൊഫസറുടെ മകളാണ് ആ കുട്ടിയെ എപ്പോഴും അടുത്ത് വിളിച്ചിട്ട് ആ കുട്ടിയുടെ അടുത്ത് പഠിപ്പിക്കും ദേഹം നാഹം കോഹം സ്വോഹം ആ കുട്ടിയെ കാണാതെ പഠിപ്പിക്കുക എന്നിട്ട് കുട്ടിയുടെ അടുത്ത് പതുക്കെ പറഞ്ഞു കൊടുക്കും ഈ ദേഹം ഞാനാണോ അല്ല ഈ കൈ ഞാനാണോ അല്ല ഈ ശരീരം ഞാനാണോ അല്ല പിന്നെ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്തു നോക്കൂ അങ്ങനെ ആഴ്ന്നു വിചാരം ചെയ്യുമ്പോൾ ഞാൻ ദേഹമല്ല പിന്നെ എന്താണ് സോഹം തള്ളിക്കളയുമ്പോൾ തള്ളാൻ കഴിയാതെ അവശേഷിക്കുന്ന അറിവ് ആത്മാ അവബോധമാണ് എന്നിങ്ങനെ പതുക്കെ ആ കൊച്ചു കുട്ടിയെ ബോധിപ്പിക്കുമ്പോ ആളുകളൊക്കെ ചിരിച്ചിരുന്നു ഈ കുട്ടിക്ക് മനസ്സിലാവോ എന്നാണ് ആ കുട്ടി ഇതിങ്ങനെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് അവർ ആന്ധ്രയിലേക്ക് പുറപ്പെടുമ്പോ അച്ഛനും മക്കളും കൂടെ വന്ന് മഹർഷിയെ നമസ്കരിക്കാൻ വരുമ്പോ മഹർഷി മലയുടെ മോളിലേക്ക് നടന്നു പോവാണ് അപ്പൊ ആ കുട്ടിയെ നോക്കിട്ട് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചതും മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ആ വടി കൊണ്ട് ഒരു അടി കൊടുത്തു കുട്ടിക്ക് കുട്ടിക്ക് അഞ്ചു വയസ്സേ ഈ അറിവ് മറക്കരുത് ദേഹം ഞാനല്ല ഈ അറിവ് മറക്കരുത് എന്ന് പറഞ്ഞൊരു വഴി കൊണ്ടൊരു കിഴുക്ക് കൊടുത്തിട്ട് ഞാൻ എന്റെ സ്ഥലത്തിലേക്ക് പോകുന്നു നീ നിന്റെ സ്ഥലത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു നടന്നു കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചു ആ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടിയ ശരീരം ഉപേക്ഷിച്ചു കുട്ടിക്ക് ഒരു സമാധിയൊക്കെ കെട്ടിവെച്ച് ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദേഹം നാഹം കോഹം സോഹം അപ്പൊ ചെറിയ കുട്ടി ആ കുട്ടിക്ക് എത്രയേ പ്രാരബ്ധ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രാരബ്ധം തീർന്ന് ശരീരം ഉപേക്ഷിച്ചു അപ്പോ പൂർവാഭ്യാസം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗ്യമൊക്കെ സിദ്ധിക്കുന്നത് ജ്ഞാനികളുമായിട്ടുള്ള സമ്പർക്കവും പൂർവാഭ്യാസം ഉണർന്നു കഴിഞ്ഞാൽ അവരൊരു പക്ഷെ ഇഷ്ടമില്ലാതെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും വലിക്കപ്പെടും ആകർഷിക്കപ്പെടും അതാണ് അടുത്ത ശ്ലോകം പൂർവാഭ്യാസേനേനൈവ പൂർവ്യസനൈ ഹ്രിയേ അശൻ എന്ന് വെച്ചാൽ വേണ്ടാന്ന് വയ്ക്കണവനാണെങ്കിൽ പോലും തന്റെ വശത്തില്ലാതെ തനിക്ക് വയ്യാത്ത ഒരു സ്ഥിതിയിൽ പോലും ഇഷ്ടമില്ലാത്ത സ്ഥിതിയിൽ പോലും ആകർഷിക്കപ്പെടും ഗോപസ്ത്രീകൾ ഈ കൃഷ്ണനെ ഒന്നും അറുനാ വേണ്ടില്ലാന്ന് പറഞ്ഞാൽ പോലും വിടണില്ല എന്താ പൂർവബന്ധം പൂർവബന്ധം അതിനൊരു ഒരു ഉദാഹരണം പറയും ഉദാഹരണമല്ല പൗരാണികന്മാര് പറയുന്ന കഥ രാമാവതാരത്തിൽ ശ്രീരാമചന്ദ്രൻ ദണ്ഡകാരുണ്യത്തിൽ വന്നപ്പോ ഋഷീശ്വരന്മാർക്കൊക്കെ രാമനെ കണ്ട് മോഹിച്ചു പോയത്രയും മഹാതപസ്വികളായി ഋഷികൾ അപ്പൊ ഋഷികൾ ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷെ ഋഷികളുടെ സമ്പ്രദായം എന്താ വളരെ ഗൗരവം തപസ് മറ്റുള്ളവരെ സ്പർശിക്കില്ല അപ്പൊ രാമചന്ദ്രൻ ഭഗവാൻ പറഞ്ഞു ഈ അവതാരത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായവും ഈ അവതാരം ധർമ്മരക്ഷണത്തിനാണ് അടുത്ത അവതാരത്തിൽ നിങ്ങളൊക്കെ ഗോപസ്ത്രീകളായിട്ട് വരിക നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവുന്നത് അപ്പോ പൂർവാഭ്യാസം പൂർവ്വസംസ്കാരം പൂർവ്വ സംസ്കാരം അടുത്ത ജന്മത്തിൽ വരുമ്പോ ഭഗവാനോൽ ആകർഷിക്കപ്പെടുകയാണ് ഭഗവാന്റെ വേണുഗാനം ശ്രവിക്കുമ്പോഴേക്കും ഇവര് ഹ്രിയതേ ഹി അവശോപിസ എല്ലാം മറന്നുപോയി എല്ലാം ഉപേക്ഷിച്ച് സർവം മറന്നുപോയി ശരീരബോധമേ ഇല്ലാതെ ഓടി എന്നാണ് ശരീരപ്രജ്ഞയില്ലാതെ ഓടി ഭഗവാന്റെ അടുത്തേക്ക് പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹി അവശോപിസ അവിടെ അവർക്ക് യോഗത്തിൽ ജിജ്ഞാസ ഉണ്ടായാൽ പിന്നെ അവർക്ക് വേദത്തിന്റെ വിധികളൊന്നുമില്ലെന്ന് വെച്ചാൽ ശബ്ദബ്രഹ്മ അതിവർത്തത വേദത്തിനെ കടന്നുപോകുന്നു വേദത്തിന്റെ വിധി നിഷേധങ്ങളൊന്നും ഇനി അവർക്ക് ബാധകമല്ല എപ്പോഴാണോ അവര് ഭഗവാന്റെ ആകർഷണ വലയത്തിൽ പെട്ടുപോയത് അതോടുകൂടെ അവര് വേദത്തിന്റെ വിധി നിഷേധങ്ങളെ ഒക്കെ കടന്നു ശബ്ദബ്രഹ്മ അതിവർത്തത ശബ്ദബ്രഹ്മ എന്നുള്ളതിന് വേദം എന്ന് മാത്രം അർത്ഥം പറയണം എന്നും ശബ്ദത്തിന്റെ മൂലരൂപം നാദബ്രഹ്മം നമ്മളുടെ ഉള്ളില് നമ്മളുടെ വ്യക്തിബോധത്തിന്റെ അധിഷ്ഠാനമായിട്ട് മനസ്സിന്റെ ഉറവിടമായിട്ട് നിൽക്കുന്നത് ശബ്ദബ്രഹ്മമാണ് ആ ശബ്ദബ്രഹ്മത്തിനെയും കടന്ന് സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നു എന്നും പറയാം ജിജ്ഞാസുരപിയോഗ്യ ശബ്ദബ്രഹ്മാതി ആട്ടെ അടുത്ത ശ്ലോകം പ്രയത്നാദ്യതമാനസ്തൂ യോഗീ സംശുദ്ധി അനേകം യനായ യോഗിയാവട്ടെ സംശുദ്ധ കിൽബിഷ ഉള്ളിലുള്ള കിൽബിഷം നീങ്ങിയിട്ട് കർത്തൃത്വം ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്നുള്ളത് നീങ്ങുന്നതാണ് യോഗത്തിന്റെ മുഖ്യമായ പടി അപ്പൊ പ്രയത്നം ചെയ്ത് തപസ് കൊണ്ടും വിചാരം കൊണ്ടും സംശുദ്ധ കിൽബിഷ അനേക ജന്മസംസിദ്ധ അനേക ജന്മങ്ങൾ കൊണ്ടാണ് ഈ ഒരു പരിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് എത്രയോ ജന്മങ്ങളിൽ ചെയ്ത് സത്കർമ്മങ്ങൾ കൊണ്ടും പുണ്യപരിഭാഗം കൊണ്ടും ഈ യോഗിക്ക് ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ കഴിയുന്നു പരമമായ ഗതി ഉണ്ടാവുന്നു തമിഴില് മാണിക്യവാചകർ എന്ന് പറയുന്ന ഭക്തൻ തിരുവാചകം എന്നൊരു കൃതി എഴുതി അതില് ആരംഭത്തിൽ പറയുന്നു ഭഗവാനെ ഞാൻ എത്ര യോനികളിൽ ജനിച്ചു നട പുല്ലായി പൂടായി പുഴുവായി മരമാകി പൽവിറുകി പരവയായി േയായ് മനീതരായ് കല്ലായവൽ അസുരായി മുനിവരായിവരായ്ല്ല ഇസ്താവര ജംഗമത്തുൾ എല്ലാ പിറപ്പും പിറന്ന് ഇളത്തെ എമ്പെരുമാൻ മെയ്യേ ഉൻ പൊന്നടികൾ കണ്ട് ഇന്ന് വീടുറ്റേൻ ഭഗവാനേ പുല്ലായി പുഴുവായി മൃഗമായി പക്ഷികളായി പുഴുവായി ഗണങ്ങളായി എത്ര യോനികളിൽ ജനിച്ച് ജനിച്ച് ഋഷിയായി ദേവനായി മനുഷ്യനായി അവസാനം മെയ്യേ ഉൻ പൊന്നടികൾ കണ്ട് മെയ് എന്നുവെച്ചാൽ സത്യം എന്നർത്ഥം ബാക്കിയൊക്കെ പൊയ് പൊയ് എന്ന് കള്ളം മെയ് എന്താ ഭഗവാന്റെ സ്വരൂപം സത്യത്തിനെ ഹൃദയത്തിൽ കണ്ടതോടുകൂടെ വീടുറ്റേൻ ഞാൻ ഇന്ന് വിമുക്തനായിട്ട് തീർന്നു മെയ്യേ മുൻ പൊന്നടികൾ കണ്ടിന് വീടുറ്റേൻ എന്റെ ഹൃദയത്തിൽ ആത്മാവായി ഭഗവാൻ പ്രകാശിച്ചു എത്രയോ ജന്മങ്ങൾ അനേക ജന്മ സംസിദ്ധ ഓരോ ജന്മത്തിലും അൽപാൽപ അൽപാൽപം ശുദ്ധമായിന മൃഗയോനികളിലും ശുദ്ധിയുണ്ടാവും മൃഗയോനികളും ചിലപ്പോൾ ശുദ്ധിയുണ്ടാവും അടുത്ത ജന്മം യോഗിയായിട്ട് ചിലപ്പോൾ മൃഗങ്ങൾ ജനിക്കും അത്രേ മാനായിട്ട് ജനിച്ചു ഭരതൻ മാൻ അടുത്ത ജന്മത്തിൽ യോഗിയായിട്ട് ജനിച്ചു ബുദ്ധഭഗവാൻ ഒരിക്കലെ തന്റെ ശിഷ്യന്മാരുടെ വഴക്കും വക്കാണവും കണ്ട് സഹിക്കാതെ ആശ്രമമൊക്കെ ഉപേക്ഷിച്ചു പോയി ബുദ്ധൻ എന്നിട്ട് പാരലേക കാട് പാരലേക വനത്തിൽ ചെന്നിരുന്നു ഒരു വൃക്ഷ ചവട്ടില് ആ വൃക്ഷച്ചവട്ടില് ബുദ്ധൻ ഇരിക്കണത് കണ്ടപ്പോ ആ കാട്ടിൽ ഒരു ആന ആ ആന ഒറ്റ ആ കൊമ്പൻ ആന അയാളു ഒരു മറ്റാനകളുടെ കൂടെ ഒന്നും സഞ്ചരിക്കാതെ തനിച്ച് നടക്കുന്ന ആന ആ ആന ബുദ്ധനെ കണ്ടതോടുകൂടെ ബുദ്ധന് ശുശ്രൂഷ ചെയ്യാനായി വന്നുകൂടി എന്നാണ് ഒരു മരത്തിന്റെ ചില്ല പൊട്ടിച്ച് ബുദ്ധൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ അടിച്ചു വൃത്തിയാക്കി കുടിക്കാൻ വെള്ളം ബുദ്ധന്റെ ഭിക്ഷാപാത്രത്തിൽ കൊണ്ടുവന്നു വയ്ക്കും ഫലങ്ങൾ ഭക്ഷിക്കാൻ കൊണ്ടുവന്നു വെക്കും കാവല് നിക്കുക അത്രേ അടുത്ത് രാവിലെ നല്ല കൊടും തണുപ്പിൽ ബുദ്ധന് കുളിക്കാൻ വേണ്ടി കാട്ടു തീ ചില്ലകൾ എടുത്തുകൊണ്ടുവന്ന് ഒരു പാറ കല്ല് കല്ല് ചൂടാക്കിയിട്ട് കല്ലിനെ തീയിലിട്ട് ചൂടാക്കി ആ കല്ലിനെ തട്ടിക്കൊണ്ട് ചെന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കല്ലിടുക്കല് കൊണ്ടു ചെന്ന് ആ ചൂടായ കല്ലിനെ അപ്പൊ ആ വെള്ളം ചൂടാവും എന്നിട്ട് ചൂടുവെള്ളം ബുദ്ധന് കുളിക്കാനായിട്ട് ഈ ആനയ്ക്ക് പാരലേകൻ എന്ന് തന്നെ പേര് വെച്ച് ഈ പാരലയേകന് ബുദ്ധൻ തത്വോപദേശം ചെയ്യും ഈ ആനയ്ക്ക് ബുദ്ധൻ ഭിക്ഷയെടുക്കാൻ പോകുമ്പോൾ ആന കൂടെ വന്ന് കാട്ടിന്റെ വക്കുവരെ ഭിക്ഷാപാത്രം കയ്യിലെന്തി വരും ഈ ആനഭിക്ഷ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടപ്പോ ഒരു കുരങ്ങനും ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹം വന്നു എന്നാണ് ബുദ്ധന് ആ കൊരങ്ങൻ കൊറേ മരത്തിലുള്ള പഴങ്ങൾ കൊണ്ടുവന്നിട്ട് ബുദ്ധന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു അപ്പോ ബുദ്ധൻ അത് തൊട്ടില്ല കൊരങ്ങന് വലിയ സങ്കടം അതിനൊരു പഴം എടുത്ത് കടിച്ചു നോക്കി അത് കേടുവന്നിട്ടുണ്ട് കൊരങ്ങൻ വീണ്ടും ചെന്ന് മധുര പഴങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധന്റെ മുമ്പിൽ വെച്ച് ബുദ്ധൻ അതിന് പഴം എടുത്ത് കഴിച്ചപ്പോ ഈ കൊരങ്ങന് സന്തോഷം കൊണ്ട് മരത്തിന്റെ മേലെ ചാടുകയും ചുവട്ടിലേക്ക് ചാടുകയും തുള്ളുകയും വട്ട മറിയുകയും ചെയ്ത് മരത്തിന്റെ മേലെ ഒരു ഉണങ്ങിയ കൊമ്പ് പൊട്ടിയിട്ട് കൊരങ്ങൻ ചവട്ടൽ വീണ് ഇടുപ്പ് പൊട്ടി മരിച്ചു ഇത്ര അപ്പത്തന്നെ ആ മരിച്ച കൊരങ്ങൻ അടുത്ത ജന്മത്തിൽ ഒരു യോഗിയായിട്ട് ജനിച്ചു എന്നൊരു കഥ ഏതോ വിധത്തിൽ മഹാത്മാക്കളുമായും സത്സംഗത്തിലും സമ്പർക്കമുണ്ടാവുന്ന മൃഗയോനികളിൽ പോലും സംശുദ്ധകിൽ ബിഷ കൽ കളങ്കം മാറി അവര് യോഗികളുടെ കുലത്തിലൊക്കെ ജനിക്കും യോഗികളായിട്ടൊക്കെ ജനിക്കും അപ്പോ തഥോയാതി പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ശുദ്ധമായി ശുദ്ധമായി സാക്ഷാത്കാരം നേടി പരാഗതി യാതി ഏതായാലും അങ്ങനെ പരമമായ ഗതിയെ ശരീരത്തിലുള്ളപ്പത്തന്നെ പ്രാപിച്ചിട്ടുള്ള യോഗി ശരീരത്തിലുള്ളപ്പത്തന്നെ പൂർണ്ണത നേടിയിട്ടുള്ള യോഗി എല്ലാരെക്കാളും ശ്രേഷ്ഠനാണ് അതാണ് അടുത്ത ശ്ലോകം തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപിമോധികർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാ യോഗീഭവർജുന അതുകൊണ്ട് അർജുന യോഗിയായി ഭവിക്കൂ തസ്മാത് യോഗീഭവ ഗീതയിൽ ഭഗവാൻ ഇടക്കിടക്ക് തസ്മാത് തസ്മാത് പറയും ചിലർക്കൊക്കെ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട് അതുപോലെ കൃഷ്ണനുള്ള സ്വഭാവമാണ് തസ്മാത് ഇടക്കിടക്ക് തസ്മാത് എന്ന് പറയും അപ്പൊ ഭഗവാൻ തസ്മാത് യോഗി ഭവ അതുകൊണ്ട് യോഗിയായിട്ട് തീരു എതുകൊണ്ട് എന്തുകൊണ്ട് എന്നുവെച്ചാൽ തപസ്വികളെക്കാളും യോഗി ശ്രേഷ്ഠനാണ് എന്നുവെച്ചാൽ എന്തെങ്കിലും കാമനയോടുകൂടെ എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് ആഗ്രഹം വെച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന തപസ്വികളെക്കാളും യോഗി ശ്രേഷ്ഠനാണ് യോഗി ആരാണ് പരമഭക്തൻ തനിക്ക് യാതൊരു സങ്കല്പവും ഇല്ലാത്തവൻ ശരണാഗതി ചെയ്തവൻ കർത്തൃത്വഭോക്തൃത്വ ഭാവം ഇല്ലാത്തവൻ യോഗി ആരാണെന്ന് മുൻപ് തന്നെ വർണ്ണിച്ചതാണ് എവിടെ ആരെ ശ്രേഷ്ഠൻ എന്ന് ഭഗവാൻ പറയണോ അവനാണ് സ്ഥിതപ്രജ്ഞൻ അവനാണ് ഗുണാതീതൻ അവനാണ് ഭക്തൻ അവനാണ് ആത്മജ്ഞാനി അർത്ഥമെടുത്തോളണം ഒരു സ്ഥലത്ത് ഭഗവാൻ യോഗി എന്ന് പറയും ഒരു സ്ഥലത്ത് ഭക്തൻ എന്ന് പറയും ഒരു സ്ഥലത്ത് ജ്ഞാനി എന്ന് പറയും ഒരു സ്ഥലത്ത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും മറ്റൊരു സ്ഥലത്ത് ഗുണാതീതൻ എന്ന് പറയും ഇപ്പൊ ഇവിടെ ഭഗവാൻ യോഗി തപസ്വി എന്ന് പറയുമ്പോ ജ്ഞാനിയായ തപസ്വിയല്ല ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഫലം ഇച്ഛിച്ചുകൊണ്ട് രാവണനും തപസ് ചെയ്തില്ലേ ഇരണ്യകശിപ്പും തപസ് ചെയ്തു അതുപോലെയുള്ള തപസ്വിയെക്കാളും യോഗി ശ്രേഷ്ഠനാണ് ജ്ഞാനിഭ്യോപി മതോ അധിക ശ്രേഷ്ഠനാണ് അപ്പൊ ജ്ഞാനിയെക്കാളും എന്ന് വെച്ചാൽ ഭഗവാൻ ജ്ഞാനികളെ പുകഴ്ത്തിയതൊക്കെ അർത്ഥമില്ലാതായിട്ട് പോകും ആത്മൈവമേ മതം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ ജ്ഞാനി എന്ന് വെച്ചാൽ ആരാ വെറും പുസ്തക പാണ്ഡിത്യം മാത്രമുള്ളവൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനം മാത്രമുള്ള ജ്ഞാനിയേക്കാളും അനുഭവസമ്പന്നനായ യോഗി ശ്രേഷ്ഠനാണ് ജ്ഞാനിഭ്യോപി മതോധിക്ക കർമ്മിഭ്യ അധികോ യോഗി കർമ്മിയേക്കാളും ശ്രേഷ്ഠനാണ് അപ്പൊ കർമ്മയോഗിയാണോ പറഞ്ഞത് കർമ്മയോഗിയാണെങ്കിൽ കർമ്മയോഗത്തിനെ ഭഗവാൻ വാഴ്ത്തിയതിനൊന്നും അർത്ഥമില്ലാതായിട്ട് പോകും കർമ്മയോഗി എന്നല്ല കർമ്മി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഫലേച്ഛയോടുകൂടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാളും യോഗി ശ്രേഷ്ഠനാണ് തസ്മാ അതുകൊണ്ട് അർജുന യോഗത്തിനെ സമ്പാദിക്കുക യോഗം എന്താ മനസ്സിന്റെ സമസ്ഥിതി സമത്വം യോഗ സമത്വമായി യോഗത്തിനെ സമ്പാദിക്കുക യോഗികളിൽ വെച്ച് ശ്രേഷ്ഠൻ ആരാണ് അതാണ് അടുത്ത ശ്ലോകം യോഗിനാം അപി സർവേഷാം ോ മത യോഗി യോഗി എല്ലാ യോഗിഗളിച്ച് മദ്ഗത അന്തരാത്മന ഭഗവാനിൽ പോയി പോയിരിക്കുന്ന അന്തരാത്മാവായോടുകൂടെ ഭഗവാന് ശരണാഗതി ചെയ്തിട്ടുള്ള അന്തരാത്മാവോടുകൂടെ തൻ്റെതായ ഒരു വ്യക്തിത്വമില്ലാതെ ഭഗവത് ദാസനായി തന്നെ കരുതിക്കൊണ്ട് ഭഗവാന്റെ ശരണാഗതനായിട്ട് യാതൊരുവൻ ശ്രദ്ധാവാൻ ഭജത ശ്രദ്ധയോടുകൂടെ നിരന്തരം ഭഗവത് ധ്യാനം ചെയ്യുന്നുവോ സമേ യുക്തമോ മത അങ്ങനെയുള്ള ആള് എനിക്ക് യോഗികളിൽ ശ്രേഷ്ഠനാണ് എന്ന് പറയേണ്ടിയിരിക്കും എന്റെ അഭിപ്രായത്തിൽ യുക്തതമൻ അവൻ സദാശ്രദ്ധയോടുകൂടെ എന്നെ ഭജിക്കുന്നു ഇത്രയും പറഞ്ഞ് ആറാമത്തെ അധ്യായമായ ധ്യാനയോഗം അധ്യാത്മ യോഗം നമ്മള് ശ്രീസംഗമേശ്വരന്റെ പാദത്തില് അർപ്പിക്കുകയാണ് ഏഴാമത്തെ അധ്യായമായ ജ്ഞാന അടുത്തത് നമ്മള് അടുത്ത വർഷം കാണാം ഭഗവാൻ അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആറാമത്തെ അധ്യായമായ ധ്യാനയോഗം ശ്രീസംഗമേശ്വരന്റെ പാദത്തില് അർപ്പിക്കുകയാണ് ഗീത നടക്കാൻ ഇതിലും ശ്രേഷ്ഠമായ ഒരു ക്ഷേത്രമില്ല ഭഗവാൻ യതിരൂപധരനായിട്ട് താപസനായിട്ട് ജ്ഞാനം വാരിക്കോരി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മൂർത്തി ശ്രീസംഗമേശ്വര സ്വാമിയുടെ ഈ ദിവ്യസന്നിധിയില് വെച്ച് നമുക്ക് ഭഗവത്ഗീത പറയാനും കേൾക്കാനും ഉള്ള ഭാഗ്യം എല്ലാറ്റിനെ കാണും ധന്യമായിട്ടുള്ള മുഹൂർത്തമാണ് ഇത് തീർത്ഥ ക്ഷേത്രങ്ങളിൽ എല്ലാറ്റിലും വെച്ച് തീർത്ഥരാജനാണ് അത് പ്രത്യേകിച്ച് അധ്യാത്മ സാധകന്മാർക്ക് ഭഗവാൻ തികച്ചും തപസ്വിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഞാനും വേണമെങ്കിൽ ആർക്കും പ്രകാശിപ്പിക്കാൻ തയ്യാറായിട്ട് പൂർണബ്രഹ്മനിഷ്ഠന്റെ രൂപത്തിലാണ് ഭഗവാൻ പ്രകാശിക്കുന്നത് പൂർണ്ണബ്രഹ്മസ്വരൂപനായ ശ്രീസംഗമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഈ ആറാമത്തെ അധ്യായം ഭഗവാന്റെ കാൽക്കൽ തന്നെ അർപ്പിക്കും ഓം തത്സദിതി ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേം ശ്രീകൃഷ്ണാർജുനസമ്പാദേ ആത്മ സംയമ യോഗോ നാമ ഷഷ്ടോധ്യായ ഓ ഇനിയും ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതിവ് പോലെ നാമസങ്കീർത്തനം ചെയ്യാം ഇവിടുത്തെ അവസാനത്തെ പരിപാടികൾ കഴിഞ്ഞ് നാമസങ്കീർത്തനം കഴിഞ്ഞിട്ട് തിരക്ക് കൂട്ടാതെ എഴുന്നേറ്റാൽ കുറച്ചുനേരത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും യജ്ഞപ്രസാദം തീർക്കാം യജ്ഞ അക്ഷത തരും മഞ്ഞള് പുരട്ടിയ അരി അക്ഷത തരും ആ അക്ഷതയെ നമ്മൾ ശിരസില് അണിയ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് വലിയവരെ നമസ്കരിച്ച് ശിരസില് അണിയിപ്പിക്കുക അല്ലെങ്കിൽ പൊതിഞ്ഞ് വീട്ടില് അകത്ത് വയ്ക്കുക അത് വായിലിടാനുള്ളതല്ല അത് ഓർമ്മ വയ്ക്കണം അതിനാണ് പ്രത്യേകം പറയണത് അക്ഷത വാങ്ങിച്ച് വായിലിടരുത് അത് വായിലിടാനുള്ളതല്ല അത് ഒന്നില് പൊതിഞ്ഞ അകത്ത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടു കൊടുത്ത് നമസ്കരിച്ച് ശിരസില് ഇടാൻ പറയാ ഹരി ഓ